عين الشيطان الرجيم بسم الله الرحمن الرحيم ان الذين امنوا وعملوا الصالحات كانت لهم جنات الفردوس نزلا خالدين فيها لا يبغون عنها حي ولا صدق الله العلي العظيم اتو ആദരണീയരായ പണ്ഡിതന്മാരെ സ്നേഹമുള്ള സുഹൃത്തുക്കളെ വിദ്യാർത്ഥി സഹോദരങ്ങൾ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ എൺപത്തി അഞ്ച് വർഷത്തെ സ്തുത്യർഹമായ പ്രവർത്തനങ്ങൾ വിലയിരുത്തി പ്രസംഗമാണ് ഇവിടെ നടക്കാനുള്ളത് ഉത്ബുദ്ധമായ ഉത്ബുദ്ധരായ പണ്ഡിതന്മാരുടെ ഈ സദസ്സിൽ ഒരു ഉത്ബോധന പ്രസംഗം നടത്താൻ ഉള്ളൊരു യോഗ്യത ഉണ്ട് എന്ന് എനിക്ക് തീരെ അഭിപ്രായമില്ല ഇല്ല എന്ന ഉത്തമബോധ്യമാണ് എനിക്കുള്ളത് എങ്കിലും ഔലിയാക്കളുടെയും കറാമത്തിൻ്റെയും സംഘടനയായ പ്രസ്ഥാനമായ സമസ്ത കേരള ജമിയതുലമയുടെ സമ്മേളനത്തിൽ പങ്കുചേർന്ന് പറക്കത്തെടുക്കാൻ ലഭിച്ച അവസരം ഉപയോഗപ്പെടുത്തുക എന്ന നിലയിൽ നമുക്കൊക്കെ അറിയാവുന്ന ഏതാനും ചില കാര്യങ്ങൾ പരസ്പരം ഉണർത്തുക പങ്കുവെക്കുക എന്നത് മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹു സുബാനഹുലാ നമുക്ക് തോഫിക്ക് ചെയ്യുമാറാവട്ടെ ബഹുമാനികളെ ഈ അവസരത്തിന് കളമൊരുക്കിയ അതിന് തോഫീക്ക് നൽകിയ റബ്ബിനെ ഞാൻ ആദ്യമായി സ്തുതിക്കുകയാണ് ഇതിന് കാരണക്കാരായ നമ്മുടെ നേതാക്കൾ ഉസ്താദുമാർ സഹപ്രവർത്തകർ അവരോടൊക്കെയുള്ള എന്റെ നന്ദി ഇവിടെ രേഖപ്പെടുത്തുകയും ചെയ്യുന്നു അള്ളാഹു സുബാനുഭൂത്ത് ആല ഈ സംഗമം നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ ഇതിനെ സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്ത ഒരുപാട് ആളുകൾ വിശിഷ്യ ഞാൻ വിദേശത്ത് ജോലി ചെയ്യുന്ന വ്യക്തിയായതുകൊണ്ട് ഈ സമ്മേളനത്തിന് വേണ്ടിയൊക്കെ പല രൂപത്തിൽ ജനങ്ങളിൽ നിന്ന് സഹായം അഭ്യർത്ഥിക്കുമ്പോഴെല്ലാം ആ സദസ്സിൽ വെച്ചത് ആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തിട്ടുള്ള ഒരുപാട് ആളുകൾ ഉണ്ട് അവരുടെ എല്ലാ ഹലാലായ മുറാദുകളും നമ്മുടെയും എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും അള്ളാഹു സുബാനുഭവത്ത് എത്രയും പെട്ടെന്ന് സാധിപ്പിച്ചു തരുമാറാവട്ടെ അവരുടെയും നമ്മുടെയും എല്ലാ വിഷമങ്ങളും അള്ളാഹു ഒഴിവാക്കി തരുമാറാവട്ടെ ദുനിയാവിലും ആഹൃതത്തിലും സന്തോഷവും സമാധാനവും നൽകി അള്ളാഹു അവരെയും നമ്മയും അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെയും നമ്മുടെ മാതാപിതാക്കൾ ഉസ്താദുമാർ നമ്മെ സഹായിച്ചവർ വിശിഷ്യ ഓതിപ്പഠിക്കാൻ നമ്മെ സഹായിച്ച ആളുകൾ അവർക്കെല്ലാം തന്നെ അള്ളാഹു സുഭാനുഭൂത്ത ആളെ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ സൂറത്തുൽ അൽ കഹഫും സലാത്തും പഠനം അതാണ് എൻ്റെ വിഷയം ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ സാന്ദർഭികമായി തിരഞ്ഞെടുത്ത സന്ദർഭോചിതമായി തിരഞ്ഞെടുത്ത ഒരു സൂറത്തുൽ കഫുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ ഒരു പഠനം എന്ന രൂപത്തിൽ സംസാരിക്കുമ്പോൾ ഒരുപാട് വിഷയങ്ങൾ ഓരോ ആയത്തുകളുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ ഓരോ ആയത്തിലെ ഓരോ പദങ്ങളുമായി ഓരോ ജുലകളുമായി ബന്ധപ്പെട്ടുകൊണ്ടും നമുക്ക് കാണാൻ മനസ്സിലാക്കാൻ കഴിയും വളരെ കൂടുതലായി പറയാനുള്ള അവസരം നമുക്കില്ല പ്രധാനപ്പെട്ട ഏതാനും ചില പോയിന്റുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വിശിഷ്യ നമ്മുടെ പ്രസ്ഥാനവും നമ്മുടെ ആദർശവുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങൾ സൂറത്ത് ഉൽക്കഹിൽ നിന്ന് മനസ്സിലാകുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് മാന്യ സഹോദരന്മാര് വെള്ളിയാഴ്ച സൂറത്തുൽ വസ്ലമ തങ്ങളിലൂടെ നമുക്ക് സുന്നത്താക്കി തന്നു മാത്രവുമല്ല ഒരു മമ്മിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ വിശ്വാസപരമായി അവൻ നേരിടുന്ന ഏറ്റവും വലിയ പരീക്ഷണം ദ ജാലിന്റെ പരീക്ഷണമാണ് എന്ന് നമുക്കറിയാം അവന്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യപ്പെടുന്ന വിശ്വാസത്തെ തകരാറിലാക്കുന്ന വിധത്തിലുള്ള പരീക്ഷണങ്ങളിൽ ഏറ്റവും ഗൗരവമേറിയത് ദാലിന്റെ അവനിലൂടെ ഉണ്ടാകുന്ന പരീക്ഷണമാകുന്നു മുൻ അമ്പിയാക്കളെല്ലാം ഈ ദാലിനെ സംബന്ധിച്ച് സമൂഹത്തിന് താക്കീത് നൽകിയിട്ടുണ്ട് നബിസുല്ലാഹു അലഹി വസ്ല്ലം തങ്ങളും വളരെ ഗൗരവത്തിൽ താക്കീത് നൽകി എന്നാൽ നബിസ് അലൈഹി വസ്ല്ലാം തങ്ങൾ ഉമ്മത്തിനെ പഠിപ്പിച്ചു നിങ്ങൾ ഈ ദജ്ജാലിന്റെ വിശേഷങ്ങളെല്ലാം വിശേഷിപ്പിച്ചുകൊണ്ട് റസൂൽ അവസാനം പറഞ്ഞു ഈ ദജാലിനെ നേരിടേണ്ടുന്ന ഒരു രംഗം നിങ്ങൾക്ക് വന്നാൽ അവന്റെ മുഖത്ത് നിങ്ങൾ സൂറത്തുൽ ആദ്യത്തെ പത്ത് ആയത്ത് നിങ്ങൾ ഓതുക ചില റിപ്പോർട്ടുകളിൽ അവസാനത്തെ ആയത്ത് ഓതുക ചില റിപ്പോർട്ടുകളിൽ മൂന്ന് ആയത്ത് ഓതുക എന്നാൽ ചില ഹദീഥുകളിൽ പത്ത് ആയത്തൊരാൾ ഹിഫുൾ ആക്കിയാൽ കാണാതെ പഠിച്ചാൽ ബൈഹാർട്ട് ചെയ്താൽ അവൻ പിൻറെ ഷെറിനെ തൊട്ട് അവന് കാവലുണ്ട് എന്ന് ഹദീഥിലുണ്ട് വ്യത്യസ്തങ്ങളായ ഹദീഥകളാണ് ഒരു വെള്ളിയാഴ്ച അവൻ ഈ അൽ കഹിഫു ഓതിയാൽ എല്ലാ ഷെറിനെ തൊട്ടും എട്ട് ദിവസം വരെ അവന് കാവലുണ്ട് എല്ലാ ഫിത്തിനെ തൊട്ടും എട്ട് ദിവസം ആ ഒരാഴ്ച അവന് കാവലുണ്ട് എന്നും നബി സലാഹു അലഹി വസ്ല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ കാലഘട്ടത്തിനിടയിൽ ദജ്ജല് പുറപ്പെട്ടാൽ അതിനെ കാവലുണ്ട് എന്നാണ് ദീനിലുള്ള പരീക്ഷണത്തിൽ ഏറ്റവും വലിയ പരീക്ഷണത്തിന് സൂറത്ത് ഉൽ പര്യാപ്തമാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദീനിലുള്ള എല്ലാ പരീക്ഷണത്തിനും കാവലാണ് അൽ ഖഫ് എന്നാണ് എന്തുകൊണ്ടാണ് സൂറത്തുൽ കഹഫിന് ആ പ്രത്യേകതയുണ്ടായത് വിശുദ്ധ ഖുർആാന്റെ ഒരു ഭാഗം ആയി എന്നതുകൊണ്ട് മാത്രം ആവാൻ സാധ്യതയില്ലല്ലോ അങ്ങനെയാണെങ്കിൽ വിശുദ്ധ ഖുർആാനിന്റെ ഏതെങ്കിലും പത്ത് ആയത്ത് നിങ്ങൾ ഓദിക്കോളൂ എന്ന് പറഞ്ഞാൽ മതിയല്ലോ അങ്ങനെ പറയാതെ സൂറത്തുൽ കഹഫിൽ നിന്ന് ഓതുക എന്ന് പറയുമ്പോൾ അങ്ങനൊരു പ്രത്യേകത സൂറത്തുൽ കഹഫിന് ഉണ്ടാവാനുള്ള കാരണം എന്താണ് സൂറത്തുൽ കഹഫ് മുഴുവനും അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ മതാണ് അതിൽ പറയുന്നത് ഔലിയനെ സംബന്ധിച്ച് അവരുടെ കറാമത്തിനെ സംബന്ധിച്ച് വിശിഷ്യ ആ പേര് നൽകപ്പെട്ട കെഹുഫിന്റെ അഹലുകാരെ സംബന്ധിച്ച് അവർ അള്ളാഹുവിന് വേണ്ടി പ്രത്യേകമായി ചില സേവനങ്ങൾ ചെയ്തപ്പോൾ അള്ളാഹു സുബാനഹൂത്ത് ആല അവരെ ആദരിക്കുകയും അവരെ ബഹുമാനിക്കുകയും അവരുമായി ബന്ധപ്പെട്ട സകല വിഷയങ്ങളെയും ബഹുമാനിക്കുകയും ചെയ്തു എന്നാണ് സൂറത്തുൽ പഠിപ്പിക്കുന്നത് എന്നിട്ട് അള്ളാഹു സുബാനഹൂത്ത് ആല അവർക്ക് നൽകിയ കറാമത്തുകളാണ് അതിൽ എണ്ണി എണ്ണി പറയുന്നത് മാത്രവുമല്ല മറ്റൊരാൾ രണ്ട് സഹോദരങ്ങളുടെ ചരിത്രം വേറെ ബഹുമാനപ്പെട്ടാത്തു വസ്സലാം അലൈഹിത്തു വസ്സലാം അവരുടെ ചരിത്രം അവസാനം ദുൽഖർനൈനിയുടെ ചരിത്രം ഇങ്ങനെ മഹത്തുക്കളുടെ ചരിത്രമാണ് അവിടെ പറയുന്നത് അതുകൊണ്ട് തന്നെ മഹത്തുക്കളുടെ ചരിത്രം പറയുക അവരുടെ മൗലി തോതുക എന്നത് രക്ഷപ്പെടാനുള്ള മാർഗമാണ് എന്ന് ഈ വസ്തുതയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ യാഥാർത്ഥ്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇത് മഹാന്മാരായ പണ്ഡിതന്മാർ വളരെ വ്യക്തമായി വിശദീകരിച്ചിട്ടുണ്ട് ഈ വസ്തുത മിർക്കാത്തിൽ നോക്കിയാൽ നമുക്ക് കാണാം മിഷ്കാത്തിന്റെ വ്യാഖ്യാനമായ നോക്കിയാൽ മുല്ല അലി തങ്ങൾ പറഞ്ഞതായി കാണാം ഇമാം ഈബി പറഞ്ഞതായി ൾഫ എന്ന് പറയുന്ന അള്ളാഹുവിന്റെ രാജാവിൽ നിന്ന് സംരക്ഷിച്ചല്ലോ അതുകൊണ്ട് ആ വിഷയം അവിടെ പറയുന്നത് കൊണ്ട് അവരുടെ വറക്കത്തുകൊണ്ട് ആ മതഹ് പറയുന്നവരെയും അള്ളാഹുസുബാന <player> <peace> <ential> ും എന്നാണ് അതിന്റെ തങ്ങൾ പറയുകയാണ് اي يحفظ لقارئها من الدجال ويثبته على الدين القويم ఇదే ആശയം തന്നെയാണ് ആ പറഞ്ഞது വളരെ കൃത്യമായി വ്യക്തമായി റിയാഉ സാലിഹിനിന്റെ ശറഹ് ദലീലുൽ ഫാലിഹിൽ നോക്കിയാൽ കാണാം വസിർഉസ്മതി മൻ حفلتിൽ കലായത്ത് ഈ ആയത്തുകളെ സൂറത്തുൽ കഹ്ഫിന്റെ ആയത്തുകളെ ഹിഫ്ലാക്കിയാൽ അവന് ഉണ്ട് എന്ന് പറയാനുള്ള കാരണം ആ ഇസ്മത്തിന്റെ സിറ് എന്താണെന്ന് ചോദിച്ചാൽ അതിലുണ്ട് ആ സൂറത്തിന്റെ ആദ്യത്തിൽ ആ മഹത്തുക്കളായ സംബന്ധിച്ച് പറയുന്നുണ്ട് അല്ലാഹും അവരുടെ കാലഘട്ടത്തിലധികാരിയായ ആ രാജാവിൽ നിന്ന് രക്ഷിച്ച അസ്ഹാബുൽ സംബന്ധിച്ച് അവിടെ പറയുന്നു അതുകൊണ്ട് ആ മഹത്തുക്കളുടെ മതുകൊണ്ട് അവരെ സംബന്ധിച്ച് പറയുമ്പോൾ അവരുടെ കിട്ടും ഇത് ഇത് ദീനിന്റെ അടിത്തറയാണെന്ന് നാം മനസ്സിലാക്കണം അവരുടെ ബറക്കത്ത് കിട്ടുന്നു അവരുടെ മതഹ് പറയുമ്പോൾ അവരുടെ മൊഴി തോന്നുമ്പോൾ അവരുടെ ചരിത്രം പറയുമ്പോൾ അവരുടെ ആ സൂറത്തിന് മുഴുവനും അതിന്റെ പ്രത്യേകത ലഭിക്കുന്നു അതുകൊണ്ടാണ് അവസാനത്തു നിന്നായാലും തരക്കടലൂല പഠിപ്പിച്ചത് നിങ്ങൾ ആലോചിക്കണം ഇതാണ് നമ്മുടെ മഹത്തുക്കളായ ആരിഫീങ്ങളായ അള്ളാഹുവിന്റെ ഔലിയാക്കൾ നമ്മോട് എപ്പോഴും പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും മഹാന്മാരെ അനുസ്മരിക്കുന്ന റസൂൽ മൗല്യതോതുന്ന അസ്ഫാബുൽ ബദറിന്റെ മൗല്യതോതുന്ന തങ്ങളുടെ കറാമത്തുകളും അവരുടെ ജീവിതത്തെ ചരിത്രങ്ങളും പറയുന്ന മൗല്യതോതുന്ന സമ്പ്രദായം നിലനിർത്തണം അത് നിങ്ങളുടെ തെറക്കിക്ക് നിങ്ങളുടെ ആത്മീയമായ വളർച്ചക്ക് പൈശാചിക ഷെറുകളിൽ നിന്ന് ഈമാനിനെ ഇളക്കം സംഭവിക്കുന്ന വിഷയങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് കാവൽ ലഭിക്കാൻ ഏറ്റവും ഉതകുന്ന മരുന്നാണ് എന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ പറഞ്ഞത് അതുകൊണ്ടാണ് ودعظم على شرطين ذكري أحبتي وتسليك نفس للخلاف تسارع ولا تهمل ذكر الأحبات لمحة فميل الفتاة ما يحاول رادع مهانا يا يرن نتائتم مهانا يا عطمي لوقت راجع بهمانا بتقطب لقطاب غوث الثقلين الباز الأشهب അത് നീ എപ്പോഴും മുറുകെ പിടിച്ചുകൊള്ളണം അതിൽ നിന്നിൽ നിന്ന് വീഴ്ച ഉണ്ടാവാൻ പാടില്ല അവരുടെ ജീവിത ചരിത്രം അനുസ്മരിച്ചു കൊണ്ടിരിക്കുക അവരുടെ കരാമത്തുകൾ പറഞ്ഞുകൊണ്ടിരിക്കുക ഇത് നിന്റെ വളർച്ചക്ക് അത്യന്താപേക്ഷിതമാണ് ഇത് മുറുക പിടിച്ചു കൊള്ളു കൊള്ളണം മേൽ മുദാവാ ചെയ്യണം എപ്പോഴും അത് ചെയ്തുകൊണ്ടിരിക്കണം ിധിയിലേക്ക് നിനക്ക് ചെന്നെത്താൻ കഴിയും അനുസ്മരിക്കുന്ന ഈ പരിപാടി ഒരു സെക്കൻഡ് പോലും നിന്നില്ലാതെയാവരുത് എന്നാണ് അവർ പഠിപ്പിച്ചത് ആരിഫീങ്ങളുടെ കിതാബുകൾ പരിശോ പരിശോധിച്ചാൽ അവരുടെ ചരിത്രം പരിശോധിച്ചാൽ മഹാന്മാരുടെ മത പറയുന്നതിന് അവരുടെ മശാഹന്മാരുടെ മത പറയുന്നതിന് അവരുടെ ക്രാമത്തുകൾ അനുസ്മരിക്കുന്നതിന് വല്ലാത്ത പ്രാമുഖ്യം അവർ നൽകിയിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അത് അവർ നമ്മെ ഉപദേശിച്ചിട്ടുമുണ്ട് അതാണ് സൂറത്തുൽ കഫ് നൽകുന്ന പഠനം അത് ഒന്നാമത്തെ പാഠം വെള്ളിയാഴ്ച ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു മോമിനിന്റെ ജീവിതത്തിൽ ഈ ഒരാഴ്ചയിൽ ഈമാനിന്റെ ദിവസമാണ് വെള്ളിയാഴ്ച അതാണല്ലോ അവന്റെ ഈ മാനിന് പുതുജീവൻ പുതു ചൈതന്യം നൽകുന്ന ജുമായുടെ ദിവസമാണ് വെള്ളിയാഴ്ച അന്ന് അന്ന് നിങ്ങൾ അലഹിത്തു വസ്സലാമിന്റെ മൗലി ദോദണം അന്ന് നിങ്ങൾ ആ കൂട്ടത്തില് രണ്ട് ചെറുപ്പക്കാരിൽ ഒരു മൂമിനായ മനുഷ്യൻ അദ്ദേഹത്തിന്റെ മൗലി ദോദണം വലു ഇത് ദീനിന്റെ ഒന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് ഇതിനെ ചെറുതായി കാണാൻ പാടില്ല ഇത് നിലനിർത്തലാണ് നമ്മുടെ ലക്ഷ്യം അതീമാനിന്റെ വളർച്ചക്ക് അത്യന്താപേക്ഷിതമാണ് എന്ന് നാം മനസ്സിലാക്കണം രണ്ടാമതായി ആദ്യമായി ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിച്ച വിഷയം അതാണ് രണ്ടാമത്തെ വിഷയം ഈ സൂറത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് സമയം വളരെ പരിമിതമായതുകൊണ്ട് ഞാൻ വളരെ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് കടക്കുകയാണ് രണ്ടാമത് ഞാൻ ഉദ്ദേശിച്ചത് അൽഹന്ദ കൊണ്ട് തുടങ്ങിയതിന്റെ പ്രത്യേകത പറയാനായിരുന്നു അത് സമയമുണ്ടെങ്കിൽ അത് അവസാന ഭാഗത്തേക്ക് മാറ്റിവെക്കുകയാണ് ഈ സൂറത്തിൽ പ്രധാനമായി അഞ്ച് ചരിത്രമാണ് പറയുന്നത് നാല് ചരിത്രം മറ്റ് സൂറത്തുകളിൽ ഇല്ല ബഹുമാനപ്പെട്ടു വസ്ലാമിന്റെ ചരിത്രം ദുൽഖർ ചരിത്രം ആ രണ്ട് സഹോദരങ്ങളുടെ ചരിത്രം പിന്നെ ഇബിലീസ് ആദം അലഹിസ് ചെയ്യാതെ ആട്ടപ്പെട്ട സംഭവം ഇങ്ങനെ അഞ്ച് ചരിത്രമുണ്ട് അൽഹമുല്ല കൊണ്ട് തുടങ്ങിയത് പറയാതെ ആ വിഷയം പറയാൻ ബുദ്ധിമുട്ടുമുണ്ട് അതുകൊണ്ട് ചെറിയ സൂചന അഞ്ച് സൂറത്തുകളാണ് അൽഹമുല്ല കൊണ്ട് തുടങ്ങിയിട്ടുള്ളത് ഖുർആനിൽ അഞ്ച് സൂറത്തുകൾ സൂറത്തുൽ ഫാത്തിൽ ഇതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ വിശകലനം ചെയ്തുകൊണ്ട് പറഞ്ഞു അൽഹന്ദ്രോകത്തെ മുഴുവനും പരിപാലിക്കുന്ന റബ്ബ് ഈ തെർബിയാണ് ലോകത്തെ പരിപാലനം എന്ന് പറയുന്നത് ആ നാലെണ്ണത്തിന്റെ വിശദീകരണമാണ് മറ്റ് നാല് സൂറത്തുകളിൽ അള്ളാഹു പറയുന്നത് ഒന്നാമതായി ഹൽക്ക് ഈ ജാദ് സൃഷ്ടിപ്പ് ഉണ്ടാക്കുക ഈ ഭൗതികമായ ഈ ഉണ്ടാക്കൽ ഈ സൃഷ്ടിപ്പ് അതാണ് ഒന്നാമതായി തെർബിയത്തിന്റെ തുടക്കം അവിടെ നിന്നാണ് സൂറത്തു അതിലേക്കാണ് സൂചിപ്പിക്കുന്നത് സൂറത്തുല്ലാർ സൃഷ്ടിപ്പിലേക്ക് തുടങ്ങുകയാണ് അതിലേക്ക് സൂചിപ്പിച്ചുകൊണ്ടാണ് എന്നാൽ രണ്ടാമത്തെ കൊണ്ടാണ് സൃഷ്ടിപ്പ് കഴിഞ്ഞു ഈജാദ് കഴിഞ്ഞു പിന്നെ അത് നിലനിർത്തുക ഈ ഭൗതിക ലോകത്തിന്റെ നിലനിൽപ്പ് മൂന്നാമതായി ആഹിറത്തിലെ സൃഷ്ടിപ്പ് പിന്നെ നിലനിൽപ്പ് ആ വിഷയത്തിലേക്ക് നമ്മൾ കടക്കുന്നില്ല സൃഷ്ടിപ്പിലേക്ക് പിന്നീട് അതിനാവശ്യമായ അനുഗ്രഹങ്ങളിലേക്ക് സൂചിപ്പിച്ചുകൊണ്ടാണ് അള്ളാഹു തുടങ്ങുന്നത് നിലനിൽപ്പ് ആവശ്യമുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ശരീരത്ത് അനുസരിക്കുന്ന അള്ളാഹുവിന്റെ നിയമ സംഹിത അംഗീകരിക്കുന്ന അതിനനുസരിച്ച് ജീവിക്കുന്ന അതിനനുസരിച്ച് ലോകത്തിന് മാർഗദർശനം നൽകുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ടായേ പറ്റൂ എങ്കിൽ മാത്രമേ ഈ ലോകത്തിന്റെ ഭൗതിക ലോകത്തിന്റെ നിലനിൽപ്പുള്ളൂ അതിനാവശ്യമായ വിശുദ്ധ കുർആാൻ അള്ളാഹു നൽകി അൽഹിത അള്ളാഹു അതിനാവശ്യമായ ശരീരത്ത് നൽകി ശരിയത്ത് നൽകി എന്ന് മാത്രമല്ല ആ ശരി പ്രബോധനം ചെയ്യാൻ മുറുസലീങ്ങൾ അയച്ചു എന്ന് മാത്രമല്ല പിന്നീട് സൂറത്തുൽ പറയുന്ന പ്രധാനപ്പെട്ട നാല് ചരിത്രങ്ങളും ദേവത്തുമായി ബന്ധപ്പെട്ടതാണ് ദേവത്ത് നിലനിൽക്കാത്ത കാലത്തോളം ഈ ലോകത്തിന്റെ നിലനിൽപ്പില്ല തന്നെ ദേവത്ത് അതിൻ്റെതായ രൂപത്തിൽ നിലനിൽക്കുക തന്നെ വേണം അസ്ഹാബുൽ ചെയ്തത് അതാണ് ധിക്കാരിയായ അഹങ്കാരിയായ തോന്നിവാസിയായ രാജാവിന്റെ മുഖത്ത് നോക്കി വിരൽ ചൂണ്ടി പറയാൻ ധൈര്യം കാണിച്ചെറുപ്പക്കാർ അവർ ഈ ലോകത്തിന്റെ നിലനിൽപ്പിന് ചെയ്തത് അവർ രാവത്താണ് ചെയ്തത് അങ്ങനെ സമൂഹത്തിനത് അവത്ത് ചെയ്ത ചരിത്രമാണത് രണ്ട് സഹോദരങ്ങൾ രണ്ട് സഹോദരങ്ങളാണെന്നാണ് തഫ്സീറുകളിൽ അധികം പറഞ്ഞു കാണുന്നത് കുടുംബത്തിലെ ദത്തിലേക്കല്ലേ അത് സൂചിപ്പിക്കുന്നത് സ്വന്തം ഒറ്റ ഒറ്റുകൾ അത് അതും നിലനിൽക്കണം എന്നാൽ ഈ ദേവത്തിന്റെ ഒക്കെ മർമ്മ പ്രധാനമായ ഖലീഫമാർ ഈ ഭൂമിയിൽ അള്ളാഹുവിന്റെ നിയമങ്ങൾ അള്ളാഹുവിൽ നിന്ന് സ്വീകരിച്ചുകൊണ്ട് ഈ ലോകത്ത് അത് നടപ്പിലാക്കാൻ കെലിപ്പുള്ള അള്ളാഹുവിന്റെ ആരിഫിയങ്ങളായ ഔലിയാക്കൾ നിലനിൽക്കണം അതിനാവശ്യമായ അതിനാവശ്യമായ തെർബിയത്ത് അതിനാവശ്യമായ ഋഷാദ് അതും ഇവിടെ നിലനിൽക്കണം അതിന്റെ സുഹൃത്തുകൾ അതിന്റെ മര്യാദകൾ അതാണ് ഹദർ അലഹു സ്വലാത്തു വസ്സലാമിന്റെയും മുസാ നബി അലൈഹുലാത്തു വസ്സലാമിന്റെയും ചരിത്രത്തിലൂടെ പഠിപ്പിച്ചത് ആ തെർബിയത്തിലൂടെ ൾക്ക് ആത്മീയ ഭൗതിക ലോകങ്ങളുടെ നിയമങ്ങൾ അവർക്ക് കീഴ്പ്പെടുത്തി കൊടുക്കുകയും അതിന്റെ നവാമീസുകള് അതിന്റെ അസ്ബാബുകള് അതിന്റെ അവിടെയുള്ള നിയമങ്ങള് അതിന്റെ മാർഗങ്ങളെല്ലാം അവർക്ക് കീഴ്പെടുത്തി എപ്പോഴും അവർക്ക് സ്വാധീനം നൽകുകയും ചെയ്യുന്നു സ്വാധീനം നൽകപ്പെട്ട് ആവശ്യമായ ഇൽമ മുഴുവനും കൊടുത്തു ലോകത്തെ കീഴ്പ്പെടുത്തി കൊടുത്തു അദ്ദേഹം അങ്ങോട്ട് യാത്ര ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അദ്ദേഹം അങ്ങോട്ട് കൽപ്പിച്ചാൽ മതി കാറ്റിനോട് കൽപ്പിച്ചാൽ മതി ഇരുമ്പു അദ്ദേഹത്തിന്റെ കയ്യിൽ മഹാനവറുകളുടെ കയ്യിൽ നാം മെഴുകൊണ്ട് കളിക്കുന്നത് പോലെ ഇരുമ്പുകൊണ്ട് കളിക്കാൻ കഴിഞ്ഞു അങ്ങനെ ലോകത്തിന്റെ നവാമീസുകളെ ആ മഹാൻ കള്ളാഹു കീഴ്പ്പെടുത്തി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ലോകം അടക്കി ഭരിക്കാൻ മഹാനവറുകൾക്ക് കഴിഞ്ഞു അദ്ദേഹം അള്ളാഹുവിന്റെ ഖലീഫമാരിൽ ഒരാളായിരുന്നു മലക്കായിരുന്നോ അതല്ല പ്രവാചകനായിരുന്നോ മലക്കും അല്ല പ്രവാചകനും അല്ല അള്ളാഹുവിലേക്കടുത്ത ഒരു സ്വാലിഹായ അബുദായിരുന്നു അടിമയായിരുന്നു ഒരു വലിയായിരുന്നു അപ്പൊ അള്ളാഹു അങ്ങോട്ട് കീഴ്പ്പെടുത്തി കൊടുത്തതാണ് ചരിത്രവും പഠിപ്പിക്കുന്ന ദ്രൈവത്തിന്റെ വിവിധ മുഖങ്ങളെയാണ് ഈ ദൈവത്തിൽ നിലനിന്നെങ്കിൽ മാത്രമേ ആ ദൈവത്ത് നിലനിന്നെങ്കിൽ മാത്രമേ ലോകത്തിൻപുള്ളൂ അതിൻറെ മേൽ അള്ളാഹു സുബാന സ്തുതിച്ചുകൊണ്ടാണ് ആ അള്ളാഹുവിനെ സ്തുതിക്കാൻ പഠിപ്പിച്ചുകൊണ്ടാണ് സൂറത്തിൽ തുടങ്ങിയത് നിങ്ങൾ ആലോചിച്ചു നോക്ക് എന്നാൽ അതിനു ശേഷം പിന്നീട് അള്ളാഹു ത പറഞ്ഞു إِنَّا جَعَلْنَا مَا عَلَى الْأَرْضِ زِينَةً لَهَا لِنَبْلُوَهُمْ أَيُّهُمْ أَحْسَنُ عَمَلًا ഞാൻ വളരെ ചുരുക്കി പറയുകയാണ് സഹോദരന്മാരെ നാം പഠിക്കേണ്ടതുണ്ട് ഒരുപാട് വിഷയങ്ങളുള്ള സൂറത്താണ് സൂറത്തു അലങ്കാരമാക്കിയിരിക്കുകയാണ് വശ്യശക്തി ഉള്ളതാക്കിയിരിക്കുകയാണ് മനുഷ്യനെ വശീകരിക്കും മനുഷ്യനെ കീഴ്പ്പെടുത്തുന്ന വിധത്തിലാണ് അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളത് എന്തിനാണ് അത് ചെയ്തത് എന്തിനാണ് അള്ളാഹു താലെ ചെയ്തത് ാണ്ഹും എന്നല്ല രൂപത്തിൽ ആരാണ് എന്ന് നോക്കാനാണ് മഹാന്മാരായ പണ്ഡിതന്മാരാജൻ അതിന് മറുപടി പറഞ്ഞു അതിന് വ്യാഖ്യാനം നൽകിയിട്ടുണ്ട് ാണ് കണ്ണഞ്ചിപ്പിക്കുന്നതാണ് അള്ളാഹു അങ്ങനെ ചെയ്തത് പരീക്ഷിക്കാനാണ് ഈ ഭൂമിയിലേക്ക് ഈ ഭൗതികമായ എല്ലാ അലങ്കാരത്തിലേക്കും അള്ളാഹുവിന്റെ തെ ഉണ്ടായി കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രത്യേകമായ തെ മനസ്സിലാക്കാൻ മനുഷ്യന് കഴിഞ്ഞാൽ ഭൂമിയും അതിലുള്ള ഭൗതികമായ മുഴുവൻ അനുഗ്രഹങ്ങളും മുഴുവൻ സുഖങ്ങളും ഒന്നുമല്ലാതെ തരിശു ഭൂമി പോലെ അവൻ അനുഭവപ്പെടും എന്ന് പറഞ്ഞുകൊണ്ടാണ് അസഹാബുൽ ചരിത്രം അള്ളാഹു തുടങ്ങുന്നത് ആ മഹത്തുക്കൾക്ക് ആ ഏഴു ചെറുപ്പക്കാർ അവർ പണക്കാരായിരുന്നു സമ്പന്നരായിരുന്നു സുഖലോലുപരായിരുന്നു പക്ഷേ അള്ളാഹുവിന്റെ ആരിഫത്ത് ലഭിച്ചപ്പോൾ അള്ളാഹുവിന്റെ തെജല്യുണ്ടായപ്പോൾ ഈ ലോകം മുഴുവനും അതിലുള്ള സകല സുഖാനുഭൂതികളും തരിശ് പോലെ അനുഭവപ്പെടുകയും അള്ളാഹുവിന് വേണ്ടി അവർ യത്തിൽ സൂറത്ത് അഞ്ചാമത്തെ പറയുന്നുണ്ട് باحسن ما كانوا يعملون الله تعالى காரியங்களை പറഞ്ഞു கொண்டே പറഞ്ഞു ఎందిలానిది చేయదది లియు కఫిర్ అన్హుం అస్వఅల్లాజి అమిలు అవర్ చేదిల్లా తిటకలు అవర్కు పోర్తు కొడుకన్ వెండి ఏటవ మోషమాయదు పోర్కుంప పినే ఎల్లం పోర్కుగాయనల్లో వయజ్జియహుం అజ్రహుం అవరుడి ప్రతిఫలం అవర్తు నల్గన్ వెండియం బిఅహ్సనల్లాజి కాను యఅమలున్ అవర్ చేయినదిలే ఏటవ నల్లదాయ గ్రేడిల్ ఎన్ ഏറ്റവും നല്ല നിലക്ക് അമൽ ചെയ്യുന്നവർ ആരാണെന്ന് പരിശോധിക്കാൻ എന്ന് സൂറത്ത് ഉൽഗൈഫിൽ പറഞ്ഞെങ്കിൽ മറ്റ് ആയത്തുകൾ നമ്മെ പഠിപ്പിക്കുന്നത് അള്ളാഹു പ്രതിഫലം നൽകുമ്പോൾ ഏറ്റവും നല്ല അമലിന്റെ പേരിൽ ആ പ്രതിഫലം നൽകുക എന്ന് വെച്ചാൽ ഉദാഹരണത്തിന് പറഞ്ഞാൽ നമ്മളെ സാധാരണ സ്കൂളിലൊക്കെ പരീക്ഷ കഴിഞ്ഞാൽ മൊത്തം മാർക്ക് ഒരു വിഷയത്തിൽ എ പ്ലസ് കിട്ടിയിട്ടുണ്ട് മറ്റൊരു വിഷയത്തിൽ സി പ്ലസ് കിട്ടിയാൽ എ പ്ലസ് ആയിട്ട് പരിഗണിക്കുകയില്ല മൊത്തം മാർക്ക് കൂട്ടി വരുമ്പോ ചിലപ്പോ ബി ആകു വരിക എന്നാൽ അള്ളാന്റെ അടുത്ത് അങ്ങനെയല്ല അള്ളാഹുവിന്റെ അടുത്ത് അവൻ ചെയ്ത അമലുകളൊക്കെ നോക്കി അതിൽ കിട്ടിയിട്ടുള്ള അമല് ഏതാണോ ആ ഗ്രേഡ് അവന് എല്ലാറ്റിലും കൊടുക്കും അതാണ് അതിന്റെ അർത്ഥം അവർ ചെയ്ത അമലിലെ ഏറ്റവും അഹ്സന് പകരം കൊടുക്കും എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്ക് ഇത് പറഞ്ഞിട്ട് അള്ളാഹുതാലോ എടുത്തു പറയുക എന്താ പറഞ്ഞത് എന്നതിക്കാരിയായ ഭരണാധികാരിയുടെ മുഖത്ത് നോക്കി വിരൽ ചൂണ്ടി പറഞ്ഞു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് മറ്റൊന്നും അവിടെ പറഞ്ഞിട്ടില്ല അള്ളാഹു അവർ ചെയ്ത അമലുകൾ ഏറ്റവും പ്രധാനപ്പെട്ടത് പറയുന്നു അപ്പോൾ നിർണായകമായ ഘട്ടത്തിൽ നിർണായകമായ ഘട്ടത്തിൽ ആവശ്യമായ ദീനീ പ്രബോധനം ചെയ്യുക എന്നത് വലിയ സ്ഥാനത്തേക്ക് അള്ളാഹുവിന്റെ അടുത്ത് ഉയർത്തുന്ന അമലാണ് എന്നാണ് അതിന്റെ സൂചന കുറെ കാലം നമസ്കരിക്കുന്നതിനേക്കാളും തഹജു നമസ്കരിക്കുന്നതിനേക്കാളും അങ്ങനെ റിയാലയിൽ മുഴുകുന്നതിനേക്കാളും സന്ദർഭോചിതമായി ഏറ്റവും അത്യാവശ്യമായ ഘട്ടത്തിൽ ദീനന് വേണ്ടി നിർണായക ഘട്ടത്തിൽ സേവനം ചെയ്യുക എന്നത് അതൊരു മൗക്കിൽ അങ്ങോട്ട് വാക്കിയായി കഴിഞ്ഞാൽ അതിന് വലിയ സ്ഥാനമുണ്ട് ഈ ഒരൊറ്റ കാര്യം പറഞ്ഞിട്ടാണല്ലോ അള്ളാഹു അവരുടെ കറാമത്തുകൾ എണ്ണി എണ്ണി പറഞ്ഞത് നിങ്ങൾ കൂട്ടി വായിച്ചു നോക്ക് അതാണ് എൺപത്തി വർഷം മുമ്പ് ഇവിടെ തൊള്ളായിരത്തി ഇരുപതുകളിൽ വിതയികൾ രംഗത്ത് വന്നപ്പോൾ ഈ നിർണായകമായ കാലഘട്ടത്തിൽ ദീനി പ്രബോധനത്തിന്റെ ഉത്തരവാദിത്തമുള്ള പണ്ഡിതന്മാർ ഒരുമിച്ചുകൂടി ഈ ബിദത്തിനെ എതിർക്കാൻ ഇവിടെ മുസ്ലിം ഉമ്മത്തിന്റെ ആ കാലാകാലമായി നിലനിന്ന് ഐക്യം നിലനിർത്താൻ ഇവിടെ ഒരു സംഘടന ആവശ്യമാണ് എന്ന അർത്ഥത്തിൽ ആ കാലഘട്ടത്തിന് ആവശ്യമായ അനിവാര്യമായ സമസ്ത കേരള ജമിയമയെ അള്ളാഹുവിന് വേണ്ടി ആരിഫിങ്ങളായ ഔലിയാക്കൾ ഇവിടെ സ്ഥാപിച്ചു അതുകൊണ്ടാണല്ലോ ഇത് കറാമത്തിന്റെ സംഘടനയായത് അതുകൊണ്ടാണല്ലോ ഒരു മുടിക്കാരനും ഇതിനെ ഒന്നും തൊടാൻ കഴിയാത്തത് നിങ്ങൾ ആലോചിച്ച് നോക്കണം ആ ഈ പ്രത്യേകതയില്ലെങ്കിൽ ഈ പ്രത്യേകതയില്ലാത്ത എന്തിവിടെ ഉണ്ടാക്കിയാലും അതിന് നിലനിൽപ്പില്ല നിങ്ങൾ മനസ്സിലാക്കണം ഘട്ടത്തിൽ അവർ പറഞ്ഞപ്പോൾ അവർ കറാമത്തിന്റെ ആളുകളായി നിർണായകമായ സാഹചര്യത്തിൽ വരക്കൽ മുല്ലക്കോയത്തങ്ങളാകുന്ന കുത്തുബുജ്ജമാലിന്റെ നേതൃത്വത്തിൽ ദീനിന് ഹിതുമെടുക്കാൻ വേണ്ടി ആവശ്യമുള്ളത് ചെയ്തപ്പോൾ അതിന് പകരം മേനോന്റെ ഉപദേശപ്രകാരം സ്വന്തം താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയത് എവിടെ നിന്ന് നിലനിൽക്കാനാ സഹോദരന്മാരെ നിങ്ങൾ ആലോചിച്ചു നോക്ക് ഇത് വാസ്തവമല്ലേ വെറുതെയാണോ ഈ കാണുന്നതൊക്കെ ഇനി നിങ്ങൾ ആലോചിച്ചു നോക്ക് ഈ ഒരൊറ്റ സേവനം കൊണ്ട് അവരെവിടെ എത്തി അള്ളാഹു അവരെ ആദരിച്ചത് എത്ര വലിയ ആദരവാണ് ഒറ്റ പ്രശംസ ഇതാ തൊലാവു അള്ളാഹു താല പറയുകയാണ് സംരക്ഷിക്കുകയാണ് അവർ സുതമമായി ഉറങ്ങുകയാണ് അവർ അള്ളാഹു തിരിച്ചും മറിച്ചും കിടത്തുകയാണ് മാത്രമല്ല അള്ളാഹു ഒന്ന് കൂടെ പറഞ്ഞു നോക്കുന്നവർക്ക് കാണാൻ കഴിയും ും കാണാൻ കഴിയുന്നവർക്ക് എന്നുവെക്കലാണ് ഏറ്റവും അഫുൽ കാണാൻ കഴിയുന്നവർക്ക് കാണാൻ കഴിയും കാണാൻ കഴിയും അസ്തമിക്കുമ്പോൾ സൂര്യൻ വഴി മാറിപ്പോകുന്നത് കാണാൻ കഴിയും മുന്നൂറ്റി ഒൻപത് വർഷം സൂര്യൻ അത് നേരെ ഉദിച്ചാൽ അവരാണെങ്കിലോ വിശാലമായ സ്ഥലത്താണ് നേരിട്ട് സൂര്യന്റെ താപം ശക്തമായി ബാധിക്കാൻ സാധ്യതയുള്ള സ്ഥലത്താണ് എന്നിട്ടും അവർക്ക് ശക്തമായി താപം ചെന്ന് ചൂട് ചെന്ന് അവർക്ക് ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ വേണ്ടിന്റെ ചലനത്തെ അള്ളാഹുവിന്റെ അരിഹ്യങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് വേണ്ടി മുന്നൂറ്റി ഒൻപത് വർഷം മാറി സഞ്ചരിക്കാൻ അള്ളാഹു കൽപ്പിക്കുകയാണ് ഓർഡർ കൊടുക്കുകയാണ് അതല്ലേ അതിന്റെ വ്യാഖ്യാനം വേറെയും വ്യാഖ്യാനമുണ്ട് തസീലിൽ കാണാൻ അലുഹറു ഈ വ്യാഖ്യാനമാണ് ഏറ്റവും യോജിച്ച വ്യാഖ്യാനം ആയത്തിനോട് യോജിപ്പു അതാണ് ആയത്തിന്റെ പദങ്ങളോട് യോജിപ്പ് അതാണ് ഒത്തരശംസൂര്യനെ കാണാന്നാ പറഞ്ഞത് സൂര്യന്റെ കവാടത്തെ കാണാ എന്നല്ല പറഞ്ഞത് മാറിപ്പോകുന്നത് കാണാം മുന്നൂറ്റി ഒൻപത് വർഷം അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് വേണ്ടി സൂര്യന്റെ ചലനത്തെ മാറ്റി തിരുത്തി എഴുതി അള്ളാഹു ആ തക്കരി എന്നതിന് ബഹുമാനപ്പെട്ട ബാരുമയത്തിൽ ഒരു അർത്ഥം നൽകുന്നുണ്ട് അതിങ്ങനെ മാറിപ്പോകുമെന്ന് മാത്രമല്ല കറുന്ന് എന്ന് പറഞ്ഞാൽ കത്തകൽ നിന്നുള്ളതാണ് അപ്പൊ ഒരു അല്പം പ്രകാശം നൽകുകയും ചെയ്യും അപ്പൊ തീരെ വെളിച്ചം കിട്ടാതിരുന്നാൽ തീരെ താപം ലഭിക്കാതിരുന്നാൽ അത് ഈ ജടങ്ങൾ നശിച്ചു പോവാൻ കാരണമാകും ആവശ്യത്തിന് കൊടുക്കുന്നു എന്നാൽ പ്രകാശം മുറിച്ചു നൽകുന്നു എന്നർത്ഥം എന്നുവെച്ചാൽ വലിയ ചൂട് ചെന്നുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവരുത് എന്നാൽ തീരെ ചൂട് ആ നാശവും വരാൻ പാടില്ല ഈ നിലക്ക് അള്ളാഹു സുബാന സംരക്ഷിക്കുകയാണ് മഹാന്മാരായ പണ്ഡിതന്മാർ ഈ വിഷയത്തിലേക്ക് വളരെ കൃത്യമായി സൂചിപ്പിക്കുന്നുണ്ട് പരിശോധിച്ചാൽ കാണാം അവർക്ക് കൊണ്ട് சூரியന്റെ ಚಲನತೆಯನ್ನು ಅಲ್ಲಾಹು ಮಾಟಿ ತಿರುತ್ತಿಯದಾನ ಎಂದು ತಫ್സീർ ಅಬೂ ಸೌದ್ ಇದೆ ಆಶಯಂ ನಸಫಿಲ್ ಕಾನಾಮ್ ಬಹರುಲ್ ಮುಹಿತ್ ಮುಹಿತ್ಲ್ ಕಾನಾಮ್ ಬಹರುಲ್ ಪರಾಯನದು ಖಾಲಿಸ ಮಖಶರಿ ಅನ್ಹುಂ ಫಿ ಝಿಲ್ಲ್ ನಹಾರಹಂ ಕುಲ್ಲಾ ಲಾ ತುಸೀಬুহುಂ ಅш-ಶಂಸು ಫಿ ತುಲುಉಹಾ ವಲ ಗರುಬಿಹಾ ಮَع ಅನ್ಹುಂ ಫಿ ಮಕಾನಿನ್ ವಾಸಿಅನ್ ಮುನ್ಫatih муಅರ्रಲ್ ಲೀಇಸಾಬತಿ ಅш-ಶಂಸ್ ಲೌಲ ಲಾ ಅನ್ ಅಲ್ಲಾಹ ಯಹ್ಜುಬಹಾ ಅನ್ಹುಂ അള്ളാഹു അത് ആ സൂര്യനെ മാറ്റി ചലിപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ സൂര്യന്റെ താപം നേരിട്ട് പൂർണമായി അവരെ ഏൽക്കുന്ന രൂപത്തിലാണ് ഗുഹയുള്ളത് എന്നിട്ടും അള്ളാഹു സംരക്ഷിച്ചു ഇതേ ആശയം മറ്റു തഫ്സീറുകളിലും കാണാം നിങ്ങൾ ആലോചിച്ചു അപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിക്കാം ഇതിലൊന്നും അതുകൊണ്ടാണല്ലോ ദാലിക്കമിന് ആയാത്തില്ല ഇതൊരു സാധാരണ സംഭവമല്ല ഇത് അതാണ് ആയത്തിൽപ്പെടുന്നത് അല്ലെങ്കിൽ അതുപോലെയുള്ള മഹാത്ഭുതങ്ങൾ മനുഷ്യനെ സമ്മതിക്കുമ്പോ സമ്മതിച്ചു ബന്ധപ്പെട്ടാൽ അതാണ് പറയുന്നത് ഇത് സാധാരണ സംഭവല്ല ഇതൊരു പ്രത്യേകതയുള്ള സംഭവമാണ് ഇങ്ങനൊക്കെ അള്ളഹ പറഞ്ഞാലും വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുള്ള ആളുകൾ ഉണ്ടാവും അതുകൊണ്ട് അള്ളാഹ ആയത്ത് അവസാനിപ്പിച്ചത് നോക്കൂ അള്ള ഹിതായത്താക്കാൻ വിചാരിച്ചേലല്ലേ ഹിതായത്ത് ഉണ്ടാവുകയുള്ളു ഇതൊന്നും മനസ്സിലാക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ അള്ളഹ പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല അവർക്ക് ദൈവം തന്നെ വന്ന് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല എന്ന് പറയുന്നത് ആ കൂട്ടത്തിൽ പെട്ടതാണോ പിന്നെ പിന്നെ അള്ളാഹു അവരുടെ കരാമത്തുകളുടെ കൂട്ടത്തിൽ എണ്ണിയത് എന്താണ് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണത് വളരെ ശ്രദ്ധിക്കേണ്ട രണ്ടു മൂന്ന് വിഷയങ്ങൾ അവിടെ ഉണ്ട് ആഹാബുൽിനെ ആ ഗുഹയിലുള്ള മഹാൻമാരെ കണ്ടിരുന്നുവെങ്കിൽ നമ്മൾ പറയാറുണ്ട് പേടിച്ചോടിന്ന് ഇവിടെ അള്ള പറഞ്ഞത് ഓടി പേടിച്ചു പേടിച്ചോടി എന്നല്ല ഹൃദയത്തിൽ നിറയുകയും ചെയ്യും പേടിച്ചങ്ങട്ട് ഓടിയാലും അവസാനിക്കുന്ന പേടിയല്ല ആ പേടി പിന്നെ ജീവിതം മുഴുവനും പേടിയായിരിക്കും അവന് ജീവിതം മുഴുവനും പേടിയായിരിക്കും ഈ ഒരു അവസ്ഥ എന്തിനാണ് അത് നൽകിയത് എങ്ങനെയാണത് ഉണ്ടായത് എന്നെ കണ്ടാൽ ശത്രു പേടിക്കുന്ന അവസ്ഥ കൊണ്ട് അള്ളാഹു എന്നെ സഹായിച്ചിട്ടുണ്ട് എന്ന് ഈ മഹത്തുക്കൾ അവിടെ കിടന്നുറങ്ങുമ്പോൾ തമാശ കളിക്കാൻ പാടില്ല ആരെങ്കിലും വന്നുകൊണ്ട് വികൃതി കളിക്കാൻ പാടില്ല ആരെങ്കിലും വന്നുകൊണ്ട് എന്തെങ്കിലും ഒരു ഉപദ്രവം വരുത്താൻ പാടില്ല അതിനുവേണ്ടി അള്ളാഹു ാണ് ഈ വായിച്ചത് ഇബിന് പറയുകയാണ് അള്ളാഹു അവരെ ഒരു പ്രത്യേകമായ ും പ്രതാപവും ഗാംീര്യവും നൽകി അംഭീര്യത്തിന്റെ പ്രത്യേകമായ ഒരാവരണം അണിയിച്ചുകൊണ്ട് ആര് കണ്ടാലും ജീവിതകാലം മുഴുവനും പേടിച്ചു പോകുന്ന ഒരവസ്ഥ അള്ളാഹു സുബാന അവർക്ക് നൽകിക്കൊണ്ട് അള്ളാഹു അവരെ സഹായിച്ചു ഇതിന്റെ വ്യാഖ്യാനങ്ങളിൽ തഫ്സീർ ബൈലാബിയിലും അബുസറൂദിലും ഒക്കെ നോക്കിയാൽ മറ്റൊരു കാര്യം അവിടെ കാണാൻ കഴിയും അവരെ അള്ളാഹു ആദരിച്ചു അള്ളാഹു അവരെ േടിവരുന്നു എന്തുകൊണ്ട് അതിന്റെ കാരണങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ഒരു കാരണം കൂടി പറയുന്നുണ്ട് അവരുടെ ശരീരം കാണുന്നവർക്ക് വല്ലാത്ത ശരീരമായി തോന്നിപ്പോകും ശരീരം എങ്ങോട്ട് വികസിച്ചു ശരീരത്തിന്റെ വണ്ണം അധികരിച്ചു അവരുടെ ജിർമ്മ അവരുടെ ശരീരം അതിങ്ങോട്ട് അധികരിച്ചു വലുപ്പം വെച്ചു അതാണ് അത് കീലയായി പറഞ്ഞവരുണ്ട് അത്ഫ് ചെയ്ത് പറഞ്ഞവരുണ്ട് എങ്ങനെ പറഞ്ഞാലും അതിന്റെ അർത്ഥം ഇവിടെ പേടിയുണ്ടാവാനുള്ള കാരണം അതാണോ മറ്റതാണോ അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നാലും ഇവിടെ നിന്ന് ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം അള്ളാഹു അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് അവരുടെ ജിസ്മിന് അവരുടെ ശരീരത്തിന്റെ പെരുപ്പം നൽകും തടിക്ക് വണ്ണം നൽകുമെങ്കിൽ എണ്ണത്തിലും അധികം നൽകും പെരുപ്പം നൽകും അവരാണ് അബുദാൽ അവരെ സംബന്ധിച്ചാണ് പറയുന്നത് സൂറത്ത് ദൃഷ്ടാന്തമുണ്ട് ഒരു വിഭാഗം കാഫിറുകളാണ് മറ്റൊരു വിഭാഗം ആണ് ആമിനീങ്ങളെ അവരെ ഇവർ കാണുന്നു രണ്ട് ഇരട്ടിയായിട്ട് ഇമാം ബ ഇമാം നസഫി പറഞ്ഞതാണ് യാതൊരു സംശയവും ഇല്ലാത്ത വിധത്തിൽ അവരുടെ എണ്ണത്തിൽ പെരുപ്പിച്ച് കാണുന്നവർക്ക് എണ്ണം കൂടുതലായി അനുഭവപ്പെടുകയാണ് ണാൻ കഴിയും അതാണ് മഹത്വത്തിൽ പറഞ്ഞത് പള്ളികളിലൊക്കെ ഞാൻ നമസ്കരിക്കുന്നു ലോകത്തുള്ള മെമ്പറുകളിലൊക്കെ ആണ് സാക്ഷ്യം വഹിച്ചത് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും ഇതുപോലെ പെരുപ്പിക്കുമെങ്കിൽ ചുരുക്കിയും കാണിക്കും ആയിരം വരുന്ന ആളുകളെ നൂറായി കാണിച്ചു കുറച്ച് കാണിച്ചു അതും അള്ളാഹു കഴിയും ശത്രുക്കളിലും അങ്ങനെ ഇങ്ങനെ അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ മുഴുവനും ഈ വിധത്തിൽ അള്ളാഹു ചെയ്യും ശക്തിപ്പെടുത്തും ഇന്ന ഫീദി പാടമുണ്ട് ചിന്തിക്കുന്നവർക്കൊക്കെ പാടം ഉണ്ട് ഇതുപോലെ മറ്റുള്ളവർക്കും ഉണ്ടാവും അതിനോട് ക്യാസ് ചെയ്ത് പഠിക്കണം എന്നർത്ഥംമാരെ ഇനി അവസാനമായി രണ്ട് പോയിന്റുകൾ കൂടിയാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ച ബാക്കി നിൽക്കുന്നത് ബഹുമാനപ്പെട്ട ഈ അസഹാബുൽ മഹാന്മാരായ ആളുകളെ പിന്നീട് മോമിനീങ്ങൾ കണ്ടെടുക്ക കണ്ടുമുട്ടുകയാണ് അവരുടെ ഗുഹയിൽ അവര് പിന്നീട് എണീറ്റു പിന്നീട് അവരെ സംബന്ധിച്ച് ജനങ്ങൾ അറിഞ്ഞു പിന്നീട് അവസാനമായി ഉണ്ടായ സംഭവം ഒരു കൂട്ടം ആളുകൾ പറഞ്ഞു അവിടെ നമുക്കൊരു ബിൽഡിംഗ് അങ്ങോട്ട് എടുക്കാം ചിലർ പറഞ്ഞു അവിടെ ചർച്ചെടുക്കാം അപ്പം കാണാം കുർത്തുവിയിൽ കാണാം മൂമിനീങ്ങൾ പറഞ്ഞു നമുക്ക് അവിടെ പള്ളിയെടുക്കാം വ്യാഖ്യാനങ്ങൾ പരിശോധിച്ചാൽ കാണാം പല വ്യാഖ്യാനങ്ങൾ അവിടെ നൽകുന്നുണ്ട് ബുഞ്ഞാൻ എടുപ്പെടുക്കാം എന്ന് പറഞ്ഞ ആളുകൾ ഉദ്ദേശിച്ചത് ഇതങ്ങ തട്ടി ഇവിടെ ഒരു ബിൽഡിങ് അങ്ങോട്ട് പണിയാം പിന്നെ സമിതി ആരും അറിയരുത് ലി മുബീൻ ചരിത്രത്തിൽ വിസ്മരിക്കപ്പെടാൻ വേണ്ടി തെമ്മാടികളാണ് അത് പറഞ്ഞത് എന്നൊരു വ്യാഖ്യാനം കാണാം മുഫസ്ങ്ങളാണ് ഇത് വിവരിക്കുന്നത് അപ്പൊ മോമിനീങ്ങൾ ആ പറഞ്ഞത് പറ്റില്ല അവരെ സ്മരിക്കപ്പെടുവാനും അവരെ സംബന്ധിച്ചുള്ള ഓർമ്മ നിലനിൽക്കുവാനും അവർക്കൊരു അടയാളവുമായി പള്ളിയെടുക്കണം എന്ന് പറഞ്ഞത് അതാണ് മഹാന്മാരുടെ ഔലിയാക്കലുടെ മക്കാബിറുകളെ കൈമാറത്ത് ചെയ്തുകൊണ്ട് അവരുടെ സ്മരണ എന്നും നിലനിർത്തണമെന്ന് സമസ്ത കേരള ജമീയത്തിലും പറയുന്നത് അതിനുവേണ്ടി പ്രവർത്തിച്ചു അവസാനമായി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് പരിശുദ്ധ ഖുർആാൻ പറയുന്നത് നിങ്ങൾ ആലോചിച്ചു നോക്ക് ഒരു നായയുടെ കാര്യം ഖുർആാനിൽ എത്ര വട്ടം പറഞ്ഞു അവരെത്ര പേരുണ്ട് മൂന്നാളുണ്ട് നാലാമത്തൊന്ന് നായയാണ് അല്ല അഞ്ചാളുണ്ട് ആറാമത്ത് നായയാണ് ആ ഏഴാളുണ്ട് എട്ടാമത്തെ നായയാണ് നമ്മൾ ആരെങ്കിലും പറയാറുണ്ട് നിങ്ങൾ എത്ര ആളാ വന്നത് ഞങ്ങളൊരു നാലാളിന്റെ ഒരു അണ്ടി ആളിന്റെ എട്ടാളിന്റെ ഒരു നായ ഉണ്ട് നമ്മളാരെങ്കിലും പറയാറുണ്ടോ അള്ളാഹു പറയുന്നത് നോക്ക് അള്ളാഹു പറയുന്നത് നോക്ക് എത്ര സ്ഥലത്താണ് ആവർത്തിച്ച് പറഞ്ഞത് ഒരാഴത്തിൽ മൂന്ന് വട്ടം ആവർത്തിക്കുന്നു മറ്റൊരാഴത്തിൽ വേറെയും പറയുന്നു ുള്ള എല്ലാ കാര്യങ്ങളും പറയാൻ വേണ്ടി ഇറങ്ങിയ വിശുദ്ധ ഖുർആാനിൽ ഈ ഒരു നായയെ സംബന്ധിച്ച് പറയാൻ അള്ളാഹു സമയം കാണുകയാണ് അതാണ് മഹത്തുക്കൽ പറഞ്ഞത് അള്ളാന്റെ ഔലിയാക്കളെ ഒരു നായ സ്നേഹിച്ചപ്പോൾ അള്ളാഹുവിന്റെ വിശുദ്ധ കലാമിൽ നാൾ വരെ മോമിനിങ്ങൾ പാരായണം ചെയ്യുന്ന പരിശുദ്ധ ഖുർആാനിൽ നാളെ പരലോകത്ത് മോമിനിയു വേണ്ടി ശഫായത്ത് ചെയ്യാനുള്ള പരിശുദ്ധ ഖുർആാനിൽ ഈ സംബന്ധിച്ച് അള്ളാന്റെ റസൂലിന്റെ നാവിലൂടെ അള്ളാഹുവിന്റെ മലക്കിന്റെ ജിബിരി നാവിലൂടെ കയാമത്ത് നാൾ വരെ ഓദപ്പെടുന്ന വിശുദ്ധ ഖുർആാനിലൂടെ ആ മഹത്വം അള്ളാഹു സുബെല്ലെ ബഹുമാനിച്ചു പിന്നെ നമുക്കെന്താ നമുക്കും പ്രതീക്ഷിച്ചുകൂടെ നമ്മൾ അല്ലേ എന്നാണ് ഇമാം കുർത്തുബീതങ്ങൾ പറഞ്ഞത് ഇവനൊക്കെ ഈ ആശയം കാണാം കുർത്തുബീതങ്ങൾ വളരെ വിശാലമായി തന്നെ പറയുന്നു അങ്ങനെ ഒരു നായക്ക് കിട്ടിയെങ്കിൽ ഈ എന്തുകൊണ്ട് നമുക്ക് കിട്ടൂല നമ്മൾ മുമ്മിനീങ്ങളാണല്ലോ നമുക്ക് നമ്മൾ അവരുടെ ഒന്നും ദറജയിലേക്ക് മഹാന്മാരുടെ ദറജയിലേക്കൊന്നും എത്തിയില്ലെങ്കിലും നമ്മൾ മുമ്മിനീയങ്ങളാണല്ലോ അതുകൊണ്ട് നമുക്കും കിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം എന്നാണ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട എമാം ഖുബി തങ്ങൾ പറഞ്ഞത് എന്നാൽ ഖുർആൻ തന്നെ അത് ശരിവെക്കുന്നു ഒന്നുകൂടെ വ്യക്തമായി പറയുന്നു അസ്ഹാബുൽ ചരിത്രം ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നു വത്ലുമാ ഉഹിയ ഇലൈക മിൻ കിതാബി റബ്ബിക ലാ മുബ്ദല ലികലമാതി വ ലൻ തജിദ മിൻ ദൂനിഹി മുൽതഹദ വസ്ബിർ നഫ്സക മഅല്ലദീന യദുന റബ്ബഹും അല്ലാഹന്റെ ഔലിയാക്കളുടെ കൂടെ ജീവിക്കണം കണ്ടോ അസ്ഹാബുൽ ഗൈബി ചരിത്രം ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞിട്ട് പറയുന്നു ഒരു ആയത്ത് വത്ലു പറഞ്ഞിട്ട് രണ്ടാമത്തെ ആയത്തിൽ പറയുന്നു വസ്ബിർ നഫ്സക വസ്ബിർ നഫ്സക മഅല്ലദീന യദുന റബ്ബഹും ബിൽ ഗദാതി വൽ അശീ എപ്പോഴും വിപാദത്തിൽ മുഴുകുന്ന മഹത്വക്കളുടെ സ്വാലഹ്യങ്ങളുടെ കൂടെ ജീവിക്കണം അവരിൽ നിങ്ങോട്ട് കിട്ടും എന്ന് ഊർ ആനായത്താണത് അതാണ് നമ്മുടെ ലക്ഷ്യവും അതിനാണ് നമ്മളൊക്കെ ഇതിന്റെ പിന്നിൽ ആ മഹത്വക്കൾ സ്വാലഹ്യങ്ങൾ ആരിഫ്യങ്ങൾ അവർക്ക് ഹിതമത്തെടുത്ത് അവരെങ്ങനെ ഒട്ടി നിന്നുകൊണ്ട് അവരെ കൂടെ ദുനിയാവിലും ആഹിറത്തിലും നമുക്ക് ഒരുമിച്ച് കൂടണം പറച്ചറബ്ബ് തോഫിയൊക്കെ ചെയ്യുമാറാവട്ടെ എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ സലാത്തിനെ സംബന്ധിച്ച് ഒറ്റവാക്ക് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം സൊലാത്ത് വളരെ പുണ്യമുള്ള കാര്യമാണ് എന്ന് നമുക്കറിയാം സൊലാത്ത് അള്ളാഹു സുബാന കൽപ്പിച്ച മറ്റൊരു രംഗവുമില്ല അള്ളാഹു നമസ്കരിക്കുന്നു നിങ്ങൾ നമസ്കരിക്കൂ എന്ന് പറഞ്ഞിട്ടില്ല അള്ളാഹു നോമ്പ് നോക്കാറുണ്ട് നിങ്ങൾ നോമ്പ് നോക്കുന്നു പറഞ്ഞിട്ടില്ല പക്ഷെ അള്ളഹയും മലക്കുകളും സലാത്ത് ചെയ്യുന്നു നിങ്ങളും സലാത്ത് ചെല്ലൂ എന്നാണ് കൽപ്പിച്ചത് എന്നാൽ ഇവിടെ ഇത് നമുക്കറിയാവുന്ന വിഷയമാണ് എല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ് കൂടുതൽ ആ വിഷയം പറയേണ്ടതില്ല പക്ഷെ ഇവിടെ സംശയിക്കപ്പെടുന്ന ഒരു വിഷയം സൊലാത്ത് എന്ന് പറഞ്ഞാൽ അത് ഇബ്രാഹിമി സൊലാത്ത് മാത്രമാണ് നമ്മൾ വെള്ളിയാഴ്ച ചോദിച്ച സൊലാത്തോ നാരിയത്ത് സൊലാത്തോ ഒന്നും അതിൽ പെടില്ല എന്ന് ചില ആളുകൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട് അതിന് ഉപോത്ബലകമായി അവർ പറയും നബിസ്വല്ലാഹു അലഹി വസ്ലമ തങ്ങളോട് എങ്ങനെയാണ് സൊലാത്ത് ചെല്ലേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ഇബ്രാഹിമി സൊലാത്ത് ആണ് പറഞ്ഞുകൊടുത്തത് പക്ഷേ ഈ ഇബ്രാഹിമി സൊലാത്താണ് പറഞ്ഞു കൊടുത്തത് എന്ന് പറഞ്ഞ് അതുകൊണ്ട് വേറെ ഒരു സലാത്തും ചെല്ലാൻ പാടില്ല എന്ന് പറഞ്ഞ് പ്രസംഗിക്കുമ്പോഴും വേറെ സ്ലാത്ത് ചെല്ലിയിട്ടയാള് പ്രസംഗിക്കുന്നത് സൊല്ലാഹു അലാ മുഹമ്മദ് എന്ന് പറയാ പറയുമല്ലോ അവരും സൊല്ലാഹുലാ മുഹമ്മദ് സല്ലാ അലി വല്ലം എന്ന് പറയുമല്ലോ അല്ലെ അള്ളാമു അള്ളാമുല്ലി വസ്ലി വബാരിക്ക് അല്ലേ ഇത് ഇബ്രാഹിമി സൊലാത്ത് അല്ലല്ലോ അവന്റെ വാക്കി അവന്റെ പ്രവൃത്തി തന്നെ അവന്റെ വാക്കിനെ പൊളിക്കുന്നു എന്നാൽ ഈ ഹദീസിന്റെ യാഥാർത്ഥ്യം എന്താണ് ആ ഹദീസിന്റെ പാശ്ചാത്തലം എന്താണ് നബി സുല്ലാഹു അലൈഹി വസ്സലാമ തങ്ങളോട് വന്നിട്ട് പറഞ്ഞത് സഹാബത്ത് പറഞ്ഞത് നബിയെ അങ്ങയുടെ മേൽ സലാം ചെല്ലേണ്ടത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാൽ സ്വലാത്ത് ചെല്ലാൻ അള്ള കൽപ്പിച്ചിട്ടുണ്ടല്ലോ അതെങ്ങനെയാണ് അപ്പോ ഏതാണ് ആ സലാം മഹാന്മാരായ പണ്ഡിതന്മാർ അത് വ്യാഖ്യാനിച്ചു അസലാമു അലൈക് അയ്യൂഹൻ നിസ്കാരത്തിൽ നബിയുടെ മേൽ സലാം ചെല്ലേണ്ടത് അസലാമോ അലൈക്ക അയ്യു എന്നാണ് ഇത് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്നാൽ ഇനി നിസ്കാരത്തിൽ സ്വലാത്ത് ചെല്ലുമ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് ഇതാണ് ചോദ്യം ഇത് പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചു എന്ന് മാത്രമല്ല വിവിധ റിപ്പോർട്ടുകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും ഇബിനെ റിപ്പോർട്ട് ചെയ്യുന്നു അതുപോലെ റിപ്പോർട്ട് ചെയ്യുന്നു സഹൈഹു എന്ന് ഹാക്കിം പറയുന്നു ദാറക്കുത്തിനെ റിപ്പോർട്ട് ചെയ്യുന്നു അതിലൊക്കെ നമുക്ക് കാണാൻ കഴിയും ഇബിനെ ഹുസൈൻ റിപ്പോർട്ട് ചെയ്യുന്നിടത്തും കാണാൻ കഴിയും ൂദിലുണ്ട് നമസ്കാരത്തിൽ അതിന് വല്ല പ്രത്യേക രൂപം ഉണ്ടോന്ന് ആ ചോദ്യം മൊത്തം എങ്ങനെയെന്നല്ല നേരത്തെ ഞാൻ പറഞ്ഞ ധാരാത്ത റിപ്പോർട്ടിൽ അതാണ് ചോദ്യം അതീത് പഠിക്കുമ്പോൾ എല്ലാ റിപ്പോർട്ടുകളും ഇണക്കി ചേർത്ത് കൊണ്ടുവേണം പഠിക്കാൻ സ്വലാത്തിൽ സ്വലാത്ത് ചെല്ലുമ്പോൾ അഥവാ നമസ്കാരത്തിൽ സ്വലാത്ത് ചെല്ലുമ്പോൾ ഇങ്ങനെ സ്വലാത്ത് ചെല്ലണം എന്നാണ് നബിസൊല്ലാ അലഹി വസ്ല്ല മാത്തങ്ങൾ ആ തങ്ങളോട് സഹാബത്ത ചോദിച്ചത് അപ്പോൾ ഈ സ്വലാത്ത് ചെല്ലതാണ് ഏറ്റവും നല്ലത് എന്നാണ് നബിസൊല്ലാഹു അലഹി വസ്ല്ല മാത്തങ്ങൾ പഠിപ്പിച്ചതും ഈ ആശയം പണ്ഡിതന്മാരൊക്കെ അങ്ങനെയാണ് മനസ്സിലാക്കിയത് മാത്രവുമല്ല ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹുഹുഹു മഹാനപറുകളോട് ചോദിച്ച സംഭവം പറയുന്നുണ്ട് അതീതുകളിൽ അതീതിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും മഹാനവറുകളോട് ചോദിച്ചു മഹാനവറുകൾ പറഞ്ഞു സ്വലാത്ത് ചെല്ലുകയാണെങ്കിൽ നല്ല രൂപത്തിൽ ചെല്ലണം കാരണം അത് നബിസ് അലൈഹി വസ്ലമാ തങ്ങളുടെ അറുതു ചെയ്യപ്പെടും അപ്പോൾ വളരെ സൂക്ഷിച്ചു വേണം ചെല്ലാൻ നല്ല രൂപത്തിൽ ചെയ്യണം അത്രയുള്ളൂ നല്ല രൂപത്തിൽ എന്ന് പറഞ്ഞാൽ അതബോടുകൂടെ ആയിരിക്കണം പദങ്ങൾ വളരെ ബഹുമാനത്തോടുകൂടെ ആയിരിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചു കൊണ്ടായിരിക്കണം നിങ്ങൾ ചെല്ലുന്നത് അങ്ങനെ പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ടവര് അവരോട് അവരുടെ കൂടെയുള്ള ആളുകൾ ചോദിച്ചു എന്ത് എങ്ങനെയാണ് ഞങ്ങൾ സ്വലാത്ത് ചെല്ലേണ്ടത് എങ്ങനെയാണ് ഞങ്ങൾ നല്ല രൂപത്തിൽ സ്വലാത്ത് ചെല്ലേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ മഹാനവറുകൾ ഒരു പ്രത്യേക സ്വലാത്ത് ഇത് നല്ലതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊടുത്തു അത് ഇബ്രാഹിമി സ്വലാത്തുമല്ല നമ്മൾ ചെല്ലുന്ന സാധാരണ നമ്മുടെ ദലായുൽ ഹൈറാത്തിലൊക്കെ ഉള്ള ഒരു സ്വലാത്ത് പറഞ്ഞുകൊടുത്തു അപ്പൊ ചുരുക്കി പറഞ്ഞാൽ പദങ്ങൾ നന്നായിരിക്കണം അതപോടുകൂടെ ആയിരിക്കണം റസൂലാഹിയുടെ മതകൾ ഉൾക്കൊള്ളുന്ന വിധത്തിലായാൽ നന്നായി ഇങ്ങനെ നല്ല രൂപത്തിൽ പറയുക എന്നേ അർത്ഥമുള്ളൂ അല്ലാതെ ഈ സ്വലാത്ത് മാത്രം ൂ എന്ന് പണ്ഡിതന്മാർ ആരും അതുകൊണ്ട് തന്നെ നമ്മുടെ ഗ്രന്ഥങ്ങളിലൊക്കെ പല തരത്തിലുള്ള സ്വലാത്തുകൾ അവർ എഴുതി വെച്ചത് നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് ആ കാര്യങ്ങൾ എല്ലാവരും മനസ്സിലാക്കി അതിന്റെ ഏത് തരത്തിലുള്ള സ്വലാത്തും ജനങ്ങളിലെ വ്യാപിപ്പിക്കാൻ ശ്രമിക്കുക നമുക്ക് ചെയ്യുമാറാവട്ടെ കൂടുതൽ പഠിക്കുവാനും കൂടുതൽ ദീനിനു വേണ്ടി ഫിതമത് ചെയ്യുവാനും പടച്ചിറബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ റഹമുറാഹി മലിക്കുൽ ജബ്ബാറായ തമ്പുരാനെ ഞങ്ങളീ പറഞ്ഞതും കേട്ടതുമെല്ലാം നീ ഞങ്ങൾ സ്വീകരിക്കണേ റഹ്മാനെ ഇതെല്ലാം ഫലവത്താക്കി തരണേ റഹ്മാനെ അറഹമുറാഹിമായ മലിക്കുൽ ജബ്ബാറായ രാജാതിരാജനായ തമ്പുരാനെ ഞങ്ങൾക്ക് നീ പുറത്തു തരണേ തമ്പുരാനെ ഈ വെള്ളിയാഴ്ചയുടെ പ്രഭാതത്തിൽ സുബഹി നമസ്കരിച്ച് അൽ കഹീഫിനെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ മഹത്തായ മഹാന്മാരുടെ സാന്നിധ്യമുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന ഈ മഹത്തായ സദസ്സിൽ വെച്ച് നിന്നോട് ചെയ്യുന്ന റഹ്മാനെ നീ ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണ നീ കപൂൽ ചെയ്യണ റഹ്മാനെ ഞങ്ങളുടെ എല്ലാ പാപങ്ങളും നീ വിട്ടുപുറത്ത് മാഫാക്കി തരണ തമ്പുരാനെ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ റഹ്മാനെ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണ റഹ്മാൻ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണ റഹ്മാന് ഉസ്താദിമാർക്ക് പുറത്തു കൊടുക്കണ റഹ്മാന് ഭാര്യ മക്കൾക്ക് നീ പുറത്തു കൊടുക്കണേ തമ്പുരാന് സഹോദര സഹോദരങ്ങൾക്ക് നീ പുറത്തു കൊടുക്കണ റഹ്മാനെ ഞങ്ങളെ സ്നേഹിച്ചവർക്കും സഹായിച്ചവർക്കും നീ പുറത്തു കൊടുക്കണ റഹ്മാൻ റഹ്മുറാഹിമായ മലിക്കുൽ ജബ്ബാറായ തമ്പുരാന് ത്തിന് വേണ്ടി ശാരീരികമായും സാമ്പത്തികമായും സഹായിച്ച ഒരുപാട് ആളുകൾ ഇവിടെയും വിദേശത്തുമുണ്ട് റഹ്മാനെ അവരുടെ എല്ലാ വിഷമങ്ങളും നീ ദൂരീകരിച്ചു കൊടുക്കണ റഹ്മാന് അവരുടെയും ഞങ്ങളുടെയും എല്ലാ പാപങ്ങളും നീ പൊറത്തു കൊടുക്കണ റഹ്മാന് അറമേ അവരുടെയും ഞങ്ങളുടെയും എല്ലാ ഹലാ മുറാദുകളും നീ എളുപ്പത്തിൽ ഹാസിലാക്കിത്തരണേ റഹ്മാനെ അവരുടെയും ഞങ്ങളുടെയും എല്ലാവിധ രോഗങ്ങളും നീ ശിഫയാക്കണേ റഹ്മാനെ എല്ലാവിധ ഷെറുകളെയും നീ തട്ടി ദൂരത്താക്കണേ റഹ്മാനെ പടച്ചവനെ ദീനിനു വേണ്ടി ഹിദുമത്ത് ചെയ്യാനുള്ള തോഫീഖ് നൽകണേ റഹ്മാനെ ദീനിനു വേണ്ടി ഹിദുമത്ത് ചെയ്യാനുള്ള തോഫീഖ് നൽകണേ റഹ്മാൻ ദീനിനു വേണ്ടി ഹിദമത്ത് ചെയ്യാനുള്ള തോഫീഖ് നൽകണേ റഹ്മാൻ നിന്റെ താഴത്തിലും നിന്റെ മറുദാത്തിലുമായി സിഹത്തോടെ ആഫിയത്തോടെ നീ ദീർഘായസ് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ പടച്ചവനെ ഈ പ്രസ്ഥാനത്തിൻ്റെ മരണപ്പെട്ടു ഞങ്ങളുടെ നേതാക്കൾ ഉസ്താദുമാർ അവരുടെ കബറിടത്തിനീ വിശാലമാക്കണേ തമ്പുരാനെ അവരുടെ ദറജകളനെ ഉയർത്തിക്കൊടുക്കണേ റഹ്മാനെ അവരുടെ കൂടെ ജന്നാത്തുൽ ഫിർദോസിൽ അവരുടെ ഹാദിമ്യങ്ങളായി പ്രവേശിക്കാൻ ഞങ്ങൾക്ക് നൽകണേ അള്ളഹ് ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ ഉസ്താദുമാരു നേതാക്കൾ അവർക്ക് നീ ദീർഘായസ് നൽകണേ തമ്പുരാനെ സിഹത്തും മാഫിയത്തും നൽകണേ തമ്പുരാനെത്തിന് നീ യുജത്തിലാക്കണേ റഹ്മാനെ സുന്നത്ത് ജമാനെ നീ അന്തസ്സിലാക്കണേ റഹ്മാനെ പുറച്ചവനെ ബിതാകളുടെയും കച്ചവടക്കാരുടെയും ഷെറില് നിന്ന് സുന്നത്ത് ജമായത്തിന് നീ സംരക്ഷിക്കണേ റഹ്മാനെ നീ സംരക്ഷിക്കണേ റഹ്മാനെ പഠിച്ചവന് യാതൊരു വിഷമവും ഒരു പ്രയാസവുമില്ലാതെ സുന്നത്തജമായത്തിന്റെ അജഹ്യതയും ശക്തിയും എജ്ജത്തും വിളിച്ചോതുന്ന വിധത്തിൽ ഈ സമ്മേളനത്തെ നീ പൂർത്തീകരിച്ചു തരണേ തമ്പുരാനെ നീ പൂർത്തീകരിച്ചു തരണേ തമ്പുരാനെ പുതിയ ഒരു ചൈതന്യത്തോടുകൂടെ സുന്നത്ത ജമായത്തിനു വേണ്ടി ഹിദമത്തെടുക്കാൻ ഇതിൻ്റെ പ്രവർത്തകർക്ക് നീ തൂഫീക്ക് നൽകണേ റഹ്മാനെ സാന്ദർഭികമായി കെ ഐ സി ആർ എന്ന് പറയുന്ന ഒരു ക്ലാസ് റൂം നെറ്റ് ബന്ധമുള്ള ആളുകൾക്ക് കേൾക്കാൻ കഴിയുന്ന ഒരു ക്ലാസ് റൂം നമ്മുടെ എസ് കെ കീഴിലായി പ്രവർത്തിക്കുന്നുണ്ട് ഗൾഫിലുള്ള ആളുകളാണ് കൂടുതൽ അതിലുള്ളത് നാട്ടിലും അതിൻ്റെ പ്രബോധകരായാൽ നമ്മുടെ വാർത്താ മാധ്യമ രംഗത്ത് വലിയൊരു വിപ്ലവം നമുക്കുണ്ടാക്കാൻ കഴിയും ഒരു നെറ്റുണ്ട് അപ്പം അധികം ആളുകളുടെ അടുത്തും കമ്പ്യൂട്ടർ അപ്പോൾ നെറ്റുള്ളവർക്ക് കെ ഐ സി സേവനം ഉപയോഗപ്പെടുത്താൻ പറ്റും അതിൻ്റെ പ്രവർ പ്രവർത്തകരും അതിൻ്റെ പ്രചാരകരുമാവാൻ നമ്മുടെ ഓരോ പ്രവർത്തകരും തയ്യാറാവണമെന്ന് ഉണർത്തി നിങ്ങളോടെ ആ കൊണ്ട് വസീയത്ത് ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുകയാണ് അസലാ ലൈക്കും വരഹമുല്ല